അവർക്കിടയിൽ ഭിന്നതയുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അവൻറെ വീട്ടുകാരിൽ നിന്നും ഒരു മധ്യസ്ഥനെയും അവളുടെ വീട്ടുകാരിൽ നിന്നും ഒരു മധ്യസ്ഥനെയും നിയോഗിക്കുക അവർ രണ്ടുപേരും അനുരഞ്ജനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലാഹു സുബഹാനഹൂവത്തായാല അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കും തീർച്ചയായും അള്ളാഹു സുബഹാനഹുവത്തായാല എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ്